പ്പുറത്തോട്ട് കൊറച്ചുകൂടെ അത്രയും മതി കുറച്ചൊരു വശിഷ്ടം മൂക്ഷവാരണ്ട് സർവം പതിനാല് മഹാത്മാ ജീവൻ ജഗന്ദേശ വിഹരന്ദേഹയോ പഷി സുജരങ്കാൽ ീപ്സിനും തീര് തമന്യജ്യം തീ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം ജീവൻ മുക്തിയെക്കുറിച്ചും ഇരുപത്തിയെട്ട് മുതൽ വിശേഷിച്ചതിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിക്ഷുബ്ധവും ജീവൻ മുക്തിന്റെ മനസ്സ് ക്ഷുബ്ധമാണ് ഇളകിമറിയുന്ന സമുദ്രത്തെ ഉള്ളതാഹരണമായി കുറി സമുദ്രം എങ്ങനെയാണോ ഇളകി മറിയുന്നത് അതുപോലെ ഇളകി മറിയുന്ന മനസ്സ് നിജവാ ഇളകി മറിയാത്തതു അങ്ങനെയും പറയാൻ പറ്റില്ല അനക്കമില്ലാത്തതുണ്ട് ശുബ്ധത്തിൽ നിന്നും നേരെ ഭിന്നം എന്ന് പറയാം അത് മറ്റൊന്നാണ് അത് അക്ഷുബ്ധം അല്ല എന്ന് പറയുന്നു ഇളകി മറിയുന്നതാണ് അനു വെച്ചാൽ ഇളക്കമില്ലാത്തതാണെന്ന് വെച്ചാൽ പിന്നെന്താണ് ഭാര്യ പൂർണ്ണ സമുദ്രം പോലെ മനസ്സിന്റെ ഒരു പൂർണതയാണ് പൂർണതയെന്ന് പറയുമ്പോ സമുദ്രത്തിന്റെ പ്രത്യേകത എന്താണ് അതെല്ലാത്തിനും ഉൾക്കൊള്ളുന്നു അതാണ് പൂർണത അതുപോലെ ജീവൻ മനസ്സും ആഭിക്കോ ന്യൂനതയില്ലാതെ കൂടുതലും കുറവും ഇല്ലാതെ എല്ലാത്തിനും കൊള്ളുന്ന ഒരു മനസ്സാണ് പൂർണ്ണം എന്ന് പറഞ്ഞിരിക്കുന്നു ഇവ പൂർണ്ണയുടെ മനസ്സാ അങ്ങനെയുള്ള ആ പൂർണ്ണ മനസ്സുമുണ്ട് മഹാത്മാനോ മഹാശയാ മഹാത്മാക്കൾ മഹാത്മാവ് പറഞ്ഞാൽ മനസ്സുള്ളവർ മഹാത്മാന്ന് വെച്ച മനസ് ആശയാ ആശയം എന്ന് പറഞ്ഞാലും മനസ്സേ വലിയ മനസ്സുള്ളവർ പറഞ്ഞു അത് പാഷൻ തന്നെ പറഞ്ഞിട്ടുള്ള എന്താണോ പിന്നെ വ്യക്തിദോഷാണ് ഇനി നമുക്ക് അതിനൊരു അർത്ഥ വ്യത്യാസം വരുത്തണമെങ്കിൽ അതേ തന്നെ ഒരർത്ഥ വ്യത്യാസം വരുത്തണമെങ്കിൽ വരുത്ത രണ്ടു പദമന്നെ ആത്മാവെന്ന് പറയുന്നതന്നെ മനസ് ആശയം എന്ന് പറയുന്നതും മനസ് അപ്പൊ മനസ്സിന് പല ഭാവങ്ങളുണ്ട് മുമ്പ് പറഞ്ഞ രണ്ടാവസ്ഥ രണ്ടിനെ ഉൾക്കൊള്ളുന്ന മനസ്സ് ഒന്നും അക്ഷുബ്ധമായിരിക്കുന്ന മനസ് അത് മനസ്സിന്റെ ഒരു ഭാവം എന്നാ അക്ഷോഭരഹിതമല്ലാത്ത മനസ്സ് ക്ഷോഭത്തിൽ നിന്നും ഭിന്നമായ ഒരു മനസ്സ് അപ്പൊ മനസ്സിൽ തന്നെ പല തലങ്ങളുണ്ട് എന്നൊക്കെ ഇതൊക്കെ വ്യാഖ്യാനം കൊണ്ട് ശരിപ്പെടുത്താൻ പ്രയാസമുള്ള കാര്യത്തില് എന്ത് കാര്യങ്ങളും നമുക്ക് വ്യാഖ്യാനത്തിലൂടെ ശരിയാകാം അദ്വൈതം എന്ന് പറയുന്ന വ്യാഖ്യാന സാമ്രാജ്യമാണ് എന്ത് വേണമെങ്കിലും അവിടെ നമുക്ക് തിരികെ കയറ്റാം ഒരു പ്രയാസപ്പെടുത്തുന്നത് നമുക്ക് പരസ്പര വിരുദ്ധമായ കാര്യമാണ് ക്ഷുബ്ധം ക്ഷുബ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ഷുബ്ധമില്ല ഇന്നൊരർത്ഥം കൊടുക്കാൻ പറ്റൂല എന്തുകൊണ്ട് ക്ഷുബ്ധമല്ല അതല്ലെന്നാ പറയുന്നു അക്ഷുബ്ധം അതല്ലെന്ന് പറഞ്ഞ ക്ഷുബ്ധം എന്നുള്ള അർത്ഥമല്ലേ വരത്തുള്ളൂ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചു ഒന്ന് പറഞ്ഞു ക്ഷുബ്ധം അല്ല ഇളകുന്നല്ല അക്ഷുബ്ധം എന്ന് വെച്ചാൽ ഇളകാത്തത് അത് വല്ലെന്ന് പറഞ്ഞ പിന്നെ എന്താർത്ഥം മനസ്സിലാക്കും എന്താർത്ഥം മനസിലാക്കും ആ അപ്പൊ ഇവിടെ ഒരു മൂന്നാമത്തെ നില സി ആയി അതെങ്ങനെ മനസ്സിലാക്കും കാരണം ശുബ്ധന്നുവെച്ചാ ഇളകുന്നത് എന്ന് സ്ട്രേറ്റ് ആയിട്ട് രണ്ടർത്ഥം ഇല്ല ഇവിടെ ശരിയാവൂല എന്നോട് വ്യാഖ്യാനം തന്നെ ശരണം എങ്ങനെ വ്യാഖ്യാനിക്കും എന്താ ഒരു വഴി മറ്റൊരു മൂന്നാമതൊരർത്ഥത്തിലെത്താൻ കൂടുതൽ പ്രസക്തമല്ലാത്തോട് ഞാനത് വിശദീകരിക്കാത്തത് കാരണം അവിടെ ഇവിടെ ഏതർത്ഥം നഞ്ഞിനെടുക്കാമെന്ന് നോക്കണം മകാരത്തിനെന്താ അർത്ഥം എടുക്കാൻ പറ്റും സാദൃശ്യം ഉപാവസ് തദന്യത്വം തദത്പ അപ്രാസസ് വിരോധം പ്രകീർത്തി വ്യാകരണത്തിലേക്ക് പോകണം നഗാരത്തിന് ആറർത്ഥമുണ്ട് ഏതർത്ഥം കൊടുക്കാം ക്ഷുബ്ധിച്ചാൽ ഇളവുന്നു ആ ക്ഷുബ്ധ അതിൽ നിന്നും ഭിന്നമായ അത് ശുദ്ധമല്ലാത്ത ഒന്നുകൂടെ അല്ല അത് അഭാവർത്ഥം തുടങ്ങി അവിടെ അഭാവമല്ല അനശ്വ സംസ്കൃതാണ് അനശ്വം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സന്ദർഭം അനുസരിച്ച് പറയുന്ന ആളിന്റെ വിപേക്ഷ അനുസരിച്ച് അനശ്വന്ന് വെച്ചാൽ കുതിരയാകാം അല്ല പശു ആകാം പാളയാകാം പട്ടിയാകാം പൂച്ചയാകാം എന്തുവാകാം പറഞ്ഞില്ല അപ്പൊ സന്ദർഭോചിതമായി ഇങ്ങനെ അർത്ഥങ്ങൾ എടുക്കുന്നതിനാണ് വ്യാഖ്യാനം ഇന്റർപ്രട്ടേഷനും ഈ ശാസ്ത്രങ്ങളെല്ലാം നിലനിൽക്കുന്ന ഇത്തരം വ്യാഖ്യാനത്തിലൂടെ അതുകൊണ്ട് ചെന്നു ഒരു വലിയ പ്രയാസമേ അല്ല കുറച്ച് ഭാഷയിൽ ഞാനും എന്താണോ കുറച്ച് ഭാഷയെ കുറിച്ചുള്ള പരിജ്ഞാനവും കുറച്ച് വ്യാകരണവും കുറച്ച് തർക്കവും ഒക്കെ ദേവീസ്വാണെങ്കിൽ എന്ത് വ്യാഖ്യാനവും തകർത്ത് പഠിക്കാം ഒരു പ്രയാസം ഇതിനകത്തൊന്നും വലിയ വിഷയങ്ങളല്ല ഇതൊന്നും നമ്മുടെ കയ്യില്ലാതെ വരുമ്പോഴാണ് നമ്മളാ കമ്പരങ്ങളും അതുകൊണ്ട് വലിയ വിഷയമല്ലേകിച്ചും ക്ഷോഭമില്ലാത്ത മനസ്സും തെളിക്കാം ഇളക്കമില്ലാത്ത മനസ്സിൽ നടക്കാൻ പറ്റില്ല ഇനി പറയുന്നു അതാണ് അടുത്തു പറയുന്നത് എന്താണ് വിഹരന്തി ഒരു ലോകത്തിൽ വിഹരിക്കാന്ന് വെച്ചാൽ അർമാദിക്കുകയാണെന്ന് അല്ലാതെ രാമന രാജ്യം ഭരിക്കുകയാണ് യുദ്ധം നടത്തുകയാണ് എന്തെല്ലാം കോലാഹലങ്ങൾ കാണിക്കുന്നു അപ്പൊ മനസ്സ് അവിടെ നെടുവികൽപ്പ സമാധിയിലെന്ന് പറയാൻ പറ്റുന്നു പറ്റത്തില്ല ആ വിലക്ഷണരെ കാണിക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇഹ ഈ ലോകത്തിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു അവരെല്ലാം ജീവിക്കുകയാണ് അവർക്കൊന്നും ിക്കാനുമില്ല ഒന്നു ത്യജിക്കാനുമില്ല അവർ ക്ഷോഭിക്കുന്നുമില്ല ക്ഷോഭിക്കാതിരിക്കുന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് പൂർണ്ണം എന്നുവെച്ചാൽ എല്ലാത്തിനും ഉൾക്കൊള്ളുന്നവര് മനസ്സ് നല്ലൊരാശയമാണ് കേട്ടോ അങ്ങനെ നമുക്കൊരു മനസ്സ് കിട്ടാമെന്നുണ്ടെങ്കിൽ നല്ല ആശയമാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു മനസ്സ് ലോകത്ത് മനുഷ്യർ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരുപാടുണ്ട് പക്ഷെ അവിടെയൊക്കെ പ്രശ്നമുണ്ട് ഈ പറയുന്നതല്ല അതൊന്നും രാമനെപ്പോലെ തന്നെ യുദ്ധം നടത്തുകയും അടുത്തു പറയും സന്ധ്യ വിഗ്രഹങ്ങളിലെല്ലാം എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന മനുഷ്യരുണ്ടോ അത് ജീവിതത്തെ ആഘോഷിക്കുന്നവരുണ്ട് പക്ഷെ അതല്ല ഇവിടെ പറയും അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ട് അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് നിമിഷ നേരം കൊണ്ട് അതൊക്കെ തകർന്നു പോകും ഈ അർമാദത്തിൽ നിന്ന് വിഷാദത്തിലേക്ക് പോകുന്നതിനും കാലതാമസം ഉണ്ട് കാരണം അടിച്ചുപൊളിച്ചൊക്കെ ജീവിക്കുന്ന പറയും അങ്ങനെ ജീവിക്കുന്നവർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അസുഖം പിടിപെട്ടാ തീർന്നു ഇടപാട് തീർന്നു അവരുടെ സമ്പത്ത് സൗകര്യങ്ങളും അടിപൊളിയെല്ലാം അതോടും എത്തി അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാത്ത ഒരു മനസ്സിനെയാണ് ഇവിടെ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും അപ്രതീക്ഷിതമായി ജീവിതത്തിൽ സംഭവിച്ചാലും അവരെയൊക്കെ അതിജീവിക്കുന്നതിനും ഉള്ള കരുത്തുള്ള മനസ്സ് ആ മനസ്സിനെ പറയുന്നത് ജീവൻമുക്തന്റെ മനസ്സെന്ന് പറയുന്നത് ജീവൻമുക്തി എന്ന് പറയുമ്പോൾ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരം ആത്മീയത എന്ന് പറയുന്ന ലോകത്ത് ഏത് കാലത്തും ആവശ്യമുള്ള ഏത് മനുഷ്യൻ എക്സ്ട്രീമിലേക്ക് പോയാലും അതിന് ബാലൻസ് ചെയ്യാൻ കഴിയുന്ന മനസ്സിൽ ആ അതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് വിപരീതമെന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളെടുത്തിട്ട് ക്ഷുബ്ധമായിരിക്കുക അക്ഷുബ്ധമായിരിക്കുക രണ്ടിനെക്കുക അങ്ങനെ ഒരു മനസ്സല്ല മനസ്സെന്തായിരിക്കും ആ മനസ്സ് ശാന്തമായിരിക്കും സന്തുഷ്ടമായിരിക്കും ഇതെല്ലാം സംഭവിച്ചാൽ പൂർണ്ണമായിരിക്കും അങ്ങനെ ഒരു മനസ്സോടുകൂടി ഇവിടെ ജീവിക്കുക എന്ന് പറയും അങ്ങനെ ഒരു ബാലൻസിംഗാണ് ഇത് ഇന്നത്തെ ഭാഷ പറയുകയാണെങ്കിൽ എന്താണോ ഹ്യൂമൻ പേഴ്സണാലിറ്റി അതിന്റെ ഏറ്റവും ഉയർന്ന ഒരവസ്ഥ ഇന്ന് ഇതിനെയൊക്കെ കുറിച്ചത് മനുഷ്യൻ ചിന്തിക്കുന്നു മനുഷ്യന്റെ പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ആശയം നല്ലതാണ് എല്ലാം അങ്ങനെയാണെങ്കിൽ ലോകത്തിലായാലും ശരിയാദ്വൈതത്തിലായാലും ശരി അവർ കാണിച്ചു കാര്യങ്ങൾ എന്നും എന്നും സ്വീകാര്യമായ കാര്യങ്ങൾ മനസ്സ് മനസ്സ് സന്തോഷമായിരിക്കണം മനസ്സ് സ്വതന്ത്രമായിരുന്നു ഇത് എന്നും മനുഷ്യന് വേണ്ട കാര്യങ്ങൾ പക്ഷെ അതിന്റെ വഴികളൊക്കെ മാറിപ്പോയി പഴയ ഉപായങ്ങളൊന്നും ഇനി പറ്റത്തില്ല എന്നുവെച്ചാ പഴയ കാലം ഇത് എഴുതിയ കാലം എന്ന് പറയുന്നത് ഈ പരന്ന ഭൂമിയില് അങ്ങു ഇഞ്ഞൊക്കെ ചെതറിക്കിടന്ന കുറെ മനുഷ്യൻ അവരെ കണ്ടുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഇത് മനുഷ്യൻ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ഒരു വലിയ സമൂഹമായി മാറി അവിടെ ഈ പറയുന്ന ഈ ഗോൾ അത് ശരിയാണ് നേരത്തെ പറഞ്ഞല്ലോ മോക്ഷദ്വാരത്തിനുള്ള ദ്വാരപാലകന്മാര് അത് അപര്യാപ്തമാണ് മോക്ഷം തോന്നുന്ന ഈ ജീവൻ മുക്തിയാണ് നല്ല ഒരു ആശയമാണ് ആര് പറഞ്ഞ ദ്വാരപാലന്മാരായിട്ട് ആരെയൊക്കെയാ പറഞ്ഞത് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയില്ലന്ന നിങ്ങള് പറയുന്നേ ഇപ്പൊ ആർക്കാ ഓർമ്മയില്ല എനിക്കവിടെ ദ്വാരപാലന്മാരെന്നാരക്കെ പറഞ്ഞു ഒരുപാട് പേരൊന്നും പറഞ്ഞില്ല ആദ്യം പറഞ്ഞത് ശ്രമം അത് വിഴിഞ്ഞ ബിചാരം അടുത്ത് പറയാമൊന്ന് സന്തോഷം അടുത്ത് പറയാൻ ഒന്ന് സാധസങ്കൽ രണ്ടുകാര്യം പറഞ്ഞപ്പോ അത് തന്നെ മറന്നു പറഞ്ഞ രണ്ടു കാര്യം മറന്നു മറന്നാളുകൾ ചെയ്യുമോ മറന്നുപോയ ശരി നമ്മളിങ്ങനെ നമ്മുടെ ചിന്തകൾ നമ്മുടെ വിചാരം പരസ്പരം ബന്ധപ്പെടാതെ ശരിയാകും അരിച്ചാക്കരി പോലെ അതെടുത്തിങ്ങനെ പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞാൽ തിരിച്ചു കയറിച്ച് പോകും ഒന്നൊന്നിനോട് ബന്ധമുണ്ടാകാതെ തിരിച്ചു കഴിച്ചു പോവും കുരുമുള ആയാലും അങ്ങനെ ഗോതമ്പായാലും മതി പയറായാലും ഉഴുന്നായാലും മതി നമ്മളങ്ങനെ ചിന്തകളാകാൻ പറ്റുള്ളൂ ഒരു ബന്ധമില്ല ഇത് സാറിന് പറയുന്നതുപോലെ എന്താണ് തൈലധാരാവത്ത് പരസ്പരം ഒരു ബന്ധം വേണം മറ്റേ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചിന്തകളെന്ന് പറയും ഓരോ കണങ്ങള് കണങ്ങളായിട്ടിരിക്കുന്നു പരസ്പരം തുടർന്ന് അത് ശരിയാവത്തില്ല ഇവിടെ വേണ്ട എന്താണോ ഓരോക്ക് ഒഴുക്കാണെങ്കിലേ ശരിയാകും അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം രണ്ടു കാര്യം പറഞ്ഞുള്ള എന്താണ് ഒന്ന് ശമം മറ്റൊന്ന് വിചാരം അതിനാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ടുത്ത് സന്തോഷത്തിലേക്ക് വരും സ്വാമി പറഞ്ഞത് കണ്ട് പറഞ്ഞ വഴികൾ മാറി അത് പറയുമ്പോഴാണോ ഈ ദ്വാരപാലകെ കുറിച്ച് പറഞ്ഞത് പറഞ്ഞത് കഴിഞ്ഞ പ്രകടനത്തിൽ വിചാരത്തിൽ സ്വാമി പറഞ്ഞു വന്നത് ലക്ഷ്യം ഒന്നാണോ ആവശ്യമുള്ളതാണോ പക്ഷെ ഇന്ന് അതിന്റെ വഴികൾ മാറിയെന്ന് പറഞ്ഞിട്ട് അത് തന്നെ ഞാൻ പറയുകയാണ് ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ട് വരുന്നേ അപ്പൊ ഞാന് എന്താണ് എന്നെ ഞാൻ പറഞ്ഞത് നമ്മളിത് വളരെ ഏകാഗ്രതയോടുകൂടി പറയുന്ന കാര്യമാണ് അതിന്റെ ഇടയ്ക്കിടെ മുറമുറുക്കുകളൊക്കെ വരുമ്പോ നമ്മളൊന്ന് മാറിപ്പോകും ഞാൻ എന്നെ തന്നെ വീട്ടെടുക്കാൻ ശ്രമിക്കുകയാണ് എന്റെ ഗതികള മനസിലാക്കണം ഒന്നും അറിയാം മനഃപൂർവ്വം ചെയ്യുന്നതല്ല എല്ലാം സംഭവിച്ചു പോകുന്ന അതെനിക്കറിയാം ഞാൻ എന്റെ വീണ്ടെടുപ്പിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് പറഞ്ഞു വന്നത് ഏത് ം പിന്നെ സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശമം അത് പഴയ കാലത്തെന്ന് പറയുന്നത് ഈ മനുഷ്യരെ സംബന്ധിച്ച് വ്യക്തിനിഷ്ഠമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തികച്ചും മനസ്സിലായു അതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് അത് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും മുമ്പോട്ട് പോകുന്നു പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിൽ തന്നെ ഇന്ന് മുഴുവൻ പോയാലോ എന്ന് ഞാൻ ചിന്തിക്കും എന്നിട്ട് വരുമ വയ്യാരി ഇന്നത് തീർക്കണത് വീണ്ടും പറഞ്ഞു മുടക്കുന്നത് എന്ത് ചെയ്യും ഒരേ കാര്യം നിന്നെ കൂടുതൽ വിശദീകരിക്കും അപ്പോ വ്യക്തി നിഷ്ഠമായും വ്യക്തി അഭിസംബോധനയായിട്ടുള്ള നമുക്ക് നോക്കുമ്പോൾ വ്യക്തിയെ ആവശ്യമാണ് വ്യക്തിയെ അഭിസംബോധന ചെയ്ത ഉപദേശം വേണ്ടാണ് വ്യക്തിയുടെ വെൽബീന്ന് പറയുന്നതും പ്രധാനപ്പെട്ടാണ് അന്ന് വ്യക്തിക്ക് അറിയാൻ പ്രാധാന്യം അപ്പോ ഒരു വ്യക്തിക്ക് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഇന്നങ്ങനെയല്ല ഇന്ന് ഇത്തരം വ്യക്തിയുടെ ക്ഷേമം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ക്ഷേമമായിട്ട് അപ്പോ വ്യക്തിയുടെ ക്ഷേമവും സമൂഹ ക്ഷേമവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സമൂഹം എന്ന് പറയുമ്പോൾ ലോകം ഒഴിവും എടുക്കണ്ട നമ്മളൊരു ചെറിയ സമൂഹം ഒരു മതിൽ പൊട്ടിനുള്ളിൽ ജീവിക്കുന്ന നമ്മൾ അപ്പൊ നമുക്ക് വ്യക്തി ഒരു വ്യക്തിയിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യം ഒറ്റയ്ക്ക് സാധിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയായ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് മാത്രമേ വ്യക്തിയുടെ ക്ഷേമം സാധിക്കും വെച്ചാൽ ഇത് പരസ്പര അപേക്ഷിതമാണ് എന്തുകൊണ്ട് ഒരു ചെറിയ സമൂഹമാണെങ്കിൽ ഇന്ന് പരസ്പരം അവിടെ ചേരുന്ന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നേരത്തെ എന്താണോ പണ്ട് പറഞ്ഞ ഉപായങ്ങൾ ഇന്ന് വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോഴേ ചർച്ചയും നമ്മൾ എങ്ങനെയാണ് മുഴുവൻ അത് സമൂഹമായിട്ട് എങ്ങനെ യോജിപ്പിക്കാന്നുള്ള കാര്യത്തിലാണ് അല്ല വ്യക്തി സ്വയം തന്റെ ആന്തരികമായ പരിവർത്തനങ്ങൾ വരുത്തുന്ന കുറിച്ചല്ല അത് വേണം പക്ഷെ സമൂഹവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ നമ്മൾ പരിവർത്തനം വരുത്താന്നുള്ള കാര്യങ്ങളാണ് ഇനി ചിന്തിക്കുന്നു അപ്പൊ സമൂഹം ഇന്ന് വ്യക്തിയെപ്പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അപ്പോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വാതന്ത്ര്യവും എല്ലാ കാര്യങ്ങളും ജീവൻ മുക്തി എന്നൊക്കെ പറയുന്നത് വ്യക്തിക്കും സമൂഹത്തിനും ഒരുമിച്ച് സാധ്യമാണ് പണ്ടങ്ങനെയല്ല വ്യക്തികൾ അകന്ന് ജീവിച്ചിരുന്നുകൊണ്ട് ഓരോ വ്യക്തികളും മാറി മാറി സ്വതന്ത്രമായി അവനവന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു ആണ് പഴയകാലത്ത് എന്ത് ചെയ്യുന്നു ഒരാൾക്ക് ആധ്യാത്മികമായ വിചാരമൊക്കെ വന്നു കഴിഞ്ഞാൽ വീട് വിടുന്നു കാട്ടിപ്പോകുന്നു ഗുഹയിൽ കയറിയിരിക്കുന്നു ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഒറ്റപ്പെടലാണ് ഒറ്റപ്പെടലായാലെന്തെങ്കിലുമൊക്കെ നേടുന്നു ഇന്ന് മനുഷ്യന് ഒറ്റപ്പെടൽ അസാധ്യമാണ് സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നും മനുഷ്യന് ഒറ്റപ്പെടാൻ പറ്റത്തില്ല അപ്പോ സമൂഹത്തിനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ അതിൽ വേണ്ടത്ര മാറ്റങ്ങൾ വരത്തുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യം നേടാൻ പറ്റൂ പരസ്പരം വളരെ കെട്ടുപിണഞ്ഞുകിടക്കൂ അതുകൊണ്ട് ഇന്ന് മനുഷ്യന്റെ ക്ഷേമം ഒരു വ്യക്തിയുടെ ക്ഷേമമെന്ന് പറയുന്നത് അത് സമൂഹത്തിന്റെ ക്ഷേമവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടിന്ന് വ്യക്തിയെ അഭിസംബോധനയായിട്ട് മാത്രമല്ല ഉപദേശിച്ചു അത് അതേസമയം തന്നെ സമൂഹത്തെ അഭിസംബോധന ചെയ്യണം അതേസമയം പഴയ ഉപദേശങ്ങളെല്ലാം നോക്കാം എല്ലാ വ്യക്തികളെ അഭിസംബോധന ചെയ്യണം അവിടെ സമൂഹം എന്ന് പറയുന്നത് എവിടെയെങ്കിലും സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൂറോ നൂറ്റമ്പതോ ഉള്ള ഗോത്രങ്ങളെ കണ്ടുകൊണ്ടാണ് ഒരു സമൂഹമില്ല അതാണ് പറയുന്നത് ഈ ഉപായങ്ങളെല്ലാം ഇന്ന് അപര്യാപ്തമാണ് ഈ പറയുന്ന ലക്ഷ്യം സ്വീകാര്യമാണ് വേണ്ടതുമാണ് മുക്തി എന്ന് പറഞ്ഞ എന്താണ് അപ്പൊ നേട്ടം അടുത്ത് സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം വ്യക്തി നേട്ടമെന്നാ പറ അപ്പൊ സ്വതന്ത്രനായി ജീവിക്കുകയാണ് ഇവിടെ പറയുന്നത് ജീവൻ മുക്ത ഭീകരന്തി എന്ന് പറയും അപ്പോ ഇന്ന് ഒരാൾക്ക് ഒറ്റക്ക് ജീവൻ മുക്തനാകാൻ പറ്റത്തില്ല സമൂഹത്തിന്റെ സഹകരണം ഇല്ലാതെ ജീവൻ മുക്തനാകാൻ പറ്റത്തില്ല ഇന്നത്തെ ഒരു സംശയത് നമുക്ക് ഒരു മുറിയിൽ രണ്ടുപേരാണ് താമസിക്കുന്നതെങ്കിൽ ഒരാൾക്കായിട്ട് ഇങ്ങനെ ജീവൻ മുക്തനാകാൻ പറ്റും മറ്റൊന്ന് സഹകരിച്ചാലേ പറ്റും പ്രായോഗികമായി ഇങ്ങനെ ചിന്തിച്ചു നോക്കും ഒറ്റൊന്നും സാധിക്കില്ല ഇന്ന് ഒറ്റപ്പെടാൻ മനുഷ്യന് കഴിയത്തില്ല അതുകൊണ്ടാണ് ഈ ഉപായങ്ങൾ അപര്യാപ്തം എന്ന് പറയുന്നത് ഇന്ന് പേഴ്സണൽ വെൽബീയിങ് സോഷ്യൽ വെൽബീയിങ് രണ്ടും കൂടെ ബന്ധപ്പെടുത്തി മാത്രമേ ഇന്ന് മനുഷ്യന് ചിന്തിക്കത്തൂ പണ്ടങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അക്ഷേമോ അതിലെല്ലാം വരും മനുഷ്യന്റെ ക്ഷേമം അങ്ങനെ എല്ലാ കാര്യങ്ങളും വരും പണ്ടങ്ങനെയല്ല വ്യക്തികളെ മാത്രം അതാണ് പഴയ ഒരു കാഴ്ചപ്പാടം എന്നാണ് വ്യക്തികളെ രൂപപ്പെടുത്തി സമൂഹത്തെ രൂപപ്പെടുത്തുക അങ്ങനെയല്ല ഞാൻ ചിന്താഗതി യാതൊരു അടിസ്ഥാനമില്ല ഇന്ന് വ്യക്തിയെയും സമൂഹത്തെയും ഒരുപോലെ രൂപപ്പെടുത്തുക കാരണം വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധങ്ങൾ മാറിപ്പോയി ഇത് പരസ്പര ആശ്രിതമാണ് പരസ്പര അപേക്ഷിതമാണ് അതുകൊണ്ടല്ലേ ഇന്ന് നോക്കുക ഗവൺമെന്റുകൾ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികളാണ് ഒരാക്കായിട്ടൊരു പദ്ധതി സമൂഹത്തിലെ എല്ലാ തരത്തിലും വിദ്യാഭ്യാസം സമൂഹത്തിനാണ് വിദ്യാഭ്യാസം വ്യക്തിക്കല്ല ആരോഗ്യം സമൂഹത്തിനാണ് എന്തെല്ലാം പദ്ധതികളും ഉണ്ട് ഏത് ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് വ്യക്തിക്ക് വേണ്ടിയിട്ടില്ല സമൂഹത്തിന് വേണ്ടിട്ടാണ് പിന്നെ പഴയ കാലത്ത് ഇപ്പോ ഇവിടെ തന്നെ നോക്കുക രാമൻ ജീവൻമുക്തി വളരെ എന്തുകൊണ്ടാണ് ഈ കഥാപാത്രത്തിൽ ജീവൻമൂർത്തി വളരെ ഈസിയാവുന്ന എന്തുകൊണ്ടാണ് അതുകൊണ്ടല്ല ലോകം മുഴുവൻ രാമന്റെ അധീനമാണ് എല്ലാവരും രാമൻ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് രാമൻ രാജാവാണ് അപ്പോ പൂർണ്ണ സ്വാതന്ത്ര്യം അവകാശപ്പെടാൻ ആർക്ക് കഴിയും രാമൻ മറ്റുള്ളവരെല്ലാം എന്താണ് രാമനെ ആശ്രയിക്കുന്നവരാണ് അവർക്ക് ഒരിക്കലും പൂർണ്ണ സ്വാതന്ത്ര്യം സാധിക്കില്ല എല്ലാം രാമന് അധീനരാണ് ഞാനൊരു പേര് പറയുന്ന ഞങ്ങള് ദൈവത്തെ കുറിച്ചൊന്നും ചിന്തിക്കരുത് എന്നിട്ട് എന്റെ തോടെ ചേരാൻ ഞാൻ ആ സന്ദർഭത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക രാമനോ ജനകനോ എന്നൊക്കെ പറയുന്നത് അന്നത്തെ രീതിയിൽ അവരുടെ അവരുടെ കയ്യിലാണ് അതെടുത്ത് ഉപയോഗിച്ചാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് അത് സാധിക്കും പിന്നെ അവരെല്ലാം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് കീഴ്പ്പെട്ടവരാണ് ഒരു തരത്തിൽ പറഞ്ഞു അടിമകളെന്നെങ്കിലും പറയാം അപ്പൊ അങ്ങനെ താൻ മറ്റ് ആർക്കും അറിയുന്നില്ല താൻ പൂർണമായും ഭൗതികമായി സ്വതന്ത്രനാണ് അങ്ങനെയുള്ള ഒരാൾ ആണെന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സ്വാതന്ത്ര്യം വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് അവരെ നിയന്ത്രിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ആർക്ക് എളുപ്പം സാധിക്കുന്ന കാര്യമില്ല രാജാവും പ്രജകളുമാണ് പക്ഷെ പ്രജകൾക്ക് ആ സ്വാതന്ത്ര്യം പ്രജകൾക്ക് അവരുടെ എല്ലാ ഏത് സ്വാതന്ത്ര്യമാനും രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് വിധേയമാണ് അതൊരു വലിയ വ്യത്യാസം ഇന്നത്തെ സമൂഹം അങ്ങനെയല്ല ഓരോ മനുഷ്യനും സ്വതന്ത്രനാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇവിടെ രാജാവും പ്രജകളുമില്ല പൊതുനിയമങ്ങളെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് അതാണ് വ്യക്തിയിൽ നിന്ന് കാര്യങ്ങൾ സമൂഹത്തിലേക്ക് മാറും അപ്പോൾ വ്യക്തിക്ക് സമൂഹത്തിന് തുല്യമായ പ്രാധാന്യം ഉണ്ട് കാരണം എന്താ ഒരർത്ഥത്തിലെല്ലാവരും തുല്യതാണ് എല്ലാർത്ഥത്തിലാണ് സമ്പത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമില്ല സ്ഥാനമാനങ്ങൾ വ്യത്യാസമില്ല എന്നാൽ ഒരു തുല്യത എന്നുണ്ട് സമൂഹവും ആ തുല്യതയിൽ സമൂഹവും വ്യക്തികളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ പഴയതുപോലല്ല എല്ലാവർക്കും സ്വതന്ത്രമാണ് ഇതാണ് വരുന്ന വ്യത്യാസം സ്വാധീനത എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ട് ഞാൻ തന്നെ എന്ന് ചിന്തിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പണ്ടങ്ങനല്ല ഇന്ന് എന്താണ് ഒരു സമൂഹത്തിന്റെ ഡിസിപ്ലിനും വ്യക്തിയുടെ ഡിസിപ്ലിനും ഒരുമിച്ച് പോവാം ഒന്നിച്ചു പോവാം കുഴപ്പമൊന്നുമില്ല പണ്ടങ്ങനെയല്ല രാമന്റെ ഡിസിപ്ലിൻ വേറെ പ്രജകളുടെ ഡിസിപ്ലിൻ വേറെ ഇന്നെല്ലാവരും പൗരന്മാരാണ് അങ്ങനെയുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ടാന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം അന്നും ഇന്നും എല്ലാം ഒന്ന് തന്നെ പക്ഷെ വഴികൾ മാറുന്നു ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യനാകുന്നതിന് പല ഘടകങ്ങളുണ്ട് ഒന്ന് സമൂഹമാണ് പ്രധാനമായ കാരണം പിന്നെ ഏറ്റവും പ്രധാനമായും നമ്മുടെ വ്യക്തിത്വം തന്നെ ഈ പറയുന്ന രീതിയിൽ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ വ്യക്തിത്വം പ്രധാന ഘടകമാണ് ആ വ്യക്തിത്വത്തെ നമ്മൾ തിരിച്ചറിയുക ഇന്ന് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് എന്താണ് ആത്മാവിനെ അറിയുന്നതല്ല ഞാൻ ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് ഞാൻ എന്നെ കുറിച്ച് മനസ്സിലാക്കുന്നതാണ് അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോ അത് മനസ്സിലാക്കുമ്പോ തന്നിലുള്ള പോരായ്മകൾ എന്തൊക്കെയാണ് എന്താണ് തനിക്ക് പ്രശ്നമായിരിക്കും എന്തുകൊണ്ടാണ് തന്റെ സാമൂഹ്യബന്ധങ്ങൾ ശിഥിലമാകുന്നത് ഇതൊക്കെ സ്വയം മനസ്സിലാക്കാൻ കഴിയും ഓരോ വ്യക്തിയെ ഒന്ന് മനസ്സിലാക്കേണ്ട ബാധ്യതയാണ് സമൂഹം മനസ്സിലാക്കേണ്ട ബാധ്യതയാണ് പരസ്പരം സഹകരിച്ചു മാത്രമേ സ്വാതന്ത്ര്യം സാധ്യമാകും എന്തുകൊണ്ട് എല്ലാവരും ഇതിന് തുല്യ അവകാശികളാണ് പണ്ട് ഇവിടെ തന്നെ ഉപദേശിക്കാൻ ആരെയും തെരഞ്ഞെടുത്തു ഒരു രാജാവിനെയാണ് അപ്പൊ ഈ പറയുന്ന സ്വാതന്ത്ര്യം എളുപ്പത്തിൽ അവിടെ നടക്കും മറ്റുള്ളവർക്കത് കുറിച്ച് പ്രയാസമാണ് പഴയകാലത്ത് ഈ പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ നടക്കുന്ന രണ്ടു കൂട്ടർക്കാണ് പ്രധാനമായിട്ടും ഒന്ന് രാജാവിനും മറ്റൊന്ന് പുരോഹിതനും രണ്ടുപേർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് മറ്റുള്ളവർക്ക് പ്രയാസമാണ് ഇന്നെങ്ങനെയാണ് എല്ലാവർക്കും ഒരുപോലെയാണ് അവസരം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ വ്യത്യാസം ഇവിടെ പറയുന്നു നക്ഷബ്ദോ നജവാബ്ദോ ഭാവി പൂർണ്ണവഹ മനസ്സിന്റെ കാര്യം പറയുകയാണ് ഏവം പൂർണ്ണേന മനസ്സാ മഹാഭമാനോ മഹായഷ ജീവൻ മുക്ത സ്വതന്ത്രത ജീവിച്ചിരിക്കുമ്പോ തന്നെ ഇവിടെ എന്റെ ഒരു പ്രത്യേകത എന്താണ് ഇവിടെ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണങ്ങളും അടിച്ചേർപ്പിക്കുന്നില്ലാതെ നീ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നില്ല ഇങ്ങനെ പാടണമെന്ന് പറയുന്നില്ല ഈ സെൽഫ് ഡിസിപ്ലിനെ കുറിച്ച് നീ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും സദാചാര എല്ലാവർക്കും വേണ്ടത് അത് പൊതുവായ ഒരു ഡിസിപ്ലിന് സ്വീകരിക്കാന്നുള്ളതാണ് അതിന്റെ സെൽഫ് ഡിസിപ്ലിൻ അല്ല തനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല അതാവർത്തിച്ച് അവർച്ചു കൂടെ പറയും എപ്പോഴും പറയണം സങ്കരാചാര് പറഞ്ഞല്ലാ പറയുന്ന നിവിക്ഷ എടുക്കണം അതുകൂടെ പറയുന്നില്ല പിന്നെ എന്ത് ചെയ്യാൻ പറയുന്നു ജീവൻമുക്ത ജഗത്യസ്മിൻ ഈ ലോകത്ത് വിഹരന്തി യോഗിനും കൂടെ വിഹരിക്കും വിഹാരെന്ന് പറഞ്ഞാൽ വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു രാമനും അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ പോകും ഒരു രാജാവുമായിട്ട് അപ്പോ അവിടെ ബാഹ്യമായ ത്യാഗത്തിലൊന്നും പ്രത്യേകിച്ച് അർത്ഥവും അത് ഇനി വരുന്ന ഭാഗങ്ങൾ ചൂടാലയുടെയും മറ്റും ഉപദേശങ്ങളും വളരെ വ്യക്തമായി പറയും ശങ്കരായ നിർദ്ദേശിച്ച ബാഹ്യത്യാഗത്തോടെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്നാലും പ്രധാനമായിട്ടത് പൂർണ്ണമായും നിഷേധിക്കാം അതിന്റെ ആവശ്യമില്ല എന്നുവെച്ചാൽ നമ്മളിന്ന് പറയുന്ന സന്യാസി അന്ന് ഒരു തരത്തിലും ഇവിടെ ന്യായീകരിക്കുന്നു അത് ആവശ്യമില്ലാത്തതെന്ന് അത് വിഹരന്തി എന്ന് പറയും വിഹരിക്കുന്നു പക്ഷെ ഇന്നത്തെ മനുഷ്യൻ ഭൗതിക ആസക്തിയിൽ മുഴുകി സ്വയം പറഞ്ഞ് ജീവിക്കുന്നതിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലൊണ്ട് പ്പോഴും അപകടം ഉള്ള ഒരു വഴിയാണ് അതും പറയും ഉഷിത്വാ സുചിരം കാലം യവദീപ്സിതം അവർ ആഗ്രഹിക്കുന്നത് വരെ സുചിരം കാലം ഉഷിത്വ ദീർഘകാലം േരാഹ വിവേകൾ അടിസ്ഥാന വിവേകമാണ് സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനമായിട്ട് പറയുന്ന വിവേകമാണ് അറിവാണ് നമ്മുടെ വിചാരത്തെ കുറിച്ചാണ് പറയുന്നത് കേവലമായിരിക്കുന്ന ആ വിശാലത്തെ പൂർണത യാന്തി പ്രാപിക്കുന്നു തത്ത പൂർണ്ണത വിശാലതാരെന്ന് പറയുന്നത് നിഷ്ഠാരൂപമാണ് തഥ എന്ന് പറയും അപ്പൊ ഈ ശരീരത്തെ പരിത്യജ്യാൻ വരുന്ന ഇവിടുത്തെ വിഹരന്തി ഇവിടുത്തെ വിവാരങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ഒരു പൂർണ്ണതയിലേക്ക് വിശാലതയിലേക്ക് പ്രവേശിക്കുന്നു അപ്പൊ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നതും മരണവും തമ്മിൽ അവർക്ക് ജീവിക്കുമ്പോഴും അവർ പൂർണ്ണരാണ് മരിച്ചു കഴിഞ്ഞാലും പൂർണ്ണരാണ് പൂർണ്ണമത പൂർണ്ണമിതം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തിച്ചേർന്നു പൂർണ്ണമേവാശേഷിക്കുക ആശയമാണ് ഇനി മരണശേഷമുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള അറിവൊന്നും ഇന്ന് ഇല്ല പക്ഷെ വിശ്വസിക്കാനുള്ള മരണശേഷവും പൂർണമാണ് വിശ്വസിക്കുന്നതിന് തെറ്റില്ല അക്കാര്യമാണ് േ ഉഷിപ്പുചിരം കാലം ധീരഹസ്തേ അവിടം പോലാണെന്ന് യുവതീപ്സിതം അവിടെ അവിടെ വ്യവഹാരം എന്ന് പറയുന്നത് ശബ്ദം വരുന്നില്ല പിന്നെ അവിടെ വരുന്നത് കാലം എന്ന് പറയുന്നുണ്ട് വ്യവഹാരമൊന്നും മനസ്സിലാക്കാം ദീർഘകാലം അവര് യീപ്സിതം കാലം എത്ര കാലമാണോ കാലം ഒടുവിൽ അതിനെ പരിത്യജിച്ചിട്ട് നേരിട്ട് അതിനോടാണ് ബന്ധപ്പെടുന്നത് അതിന് വ്യവഹാരം ഒന്ന് ആ കാലത്തിനോടില്ല ജീവിച്ചിരിക്കുന്ന കാലത്തിലാണല്ലോ വ്യവഹാരം പിന്നീട് അതില്ലോ ഇപ്പൊ തം കാലം പരിത്യജ്യാന്ന് ജീവിതകാലത്തെ ഉപേക്ഷിച്ചിട്ട് അതിനകത്ത് വ്യവഹാരം വരും നേരിട്ട് വ്യവഹാരത്തിന് വിശേഷമായി വരട്ടെ ജീവിച്ചിരിക്കുമ്പോഴും അവരെ പൂർണ്ണനായിരുന്നു മരണശേഷം സ്വാതന്ത്ര്യത്തിന്റെ പരമകാഷ്ട്ക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് ബന്ധങ്ങളിൽ നിന്നാണ് മോചൻ അതാണ് അതൊരു മാനസികാവസ്ഥയെന്ന് പ്രത്യേകം പറയുന്നു ആത്മാവപൂർണ്ണമാണ് മുക്തമാണെന്നുള്ള ആശയങ്ങള് ധാരാളം വരും എന്നാലും ഇവിടെ പറയുമ്പോ മനസ്സിന്റെ ഒരവസ്ഥയെ കുറിച്ചു ഒരാള് സ്വാതന്ത്ര്യനായാലും ഇല്ലെങ്കിലും ആത്മാവ് മുക്തമാണല്ലോ അതിന് വിശേഷതയൊന്നും ഇല്ലല്ലോ അപ്പൊ വ്യവഹാരത്തിൽ ജീവിതത്തിൽ മുക്തനായിരിക്കും പറയുന്നത് മനസ്സുകൊണ്ടേ സാധിക്കും അങ്ങനെയാണ് ഗീതയിലും മറ്റും പറയുന്ന മനസ്സിന്റെ നിസ്സംഗതയും ഇത് എന്താണ് വാസുഷ്ടത്തിന്റെ ഏറ്റവും മുഖ്യമായ ഒരാശയമാണ് ഇനി പറയാൻ പോകുന്നു ഇതിനെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഇതുപോലൊരു ഒന്നുമില്ല ഇതാണ് ഇതിന്റെ സന്ദേശമെന്ന് പറയും അത് പറയുന്നതിന് വ്യക്തമായ ഒരു ലക്ഷ്യം കൂടെ ഉള്ളൂ ശങ്കരാചാര് പറഞ്ഞ മുക്തിയല്ല രക്ഷയെടുക്കുന്ന ജീവൻ മുക്തിയല്ല അതിലൂടെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഭാവി കാലത്തിലേക്കും മനുഷ്യരെ വെച്ച സ്വാതന്ത്ര്യ ഇച്ഛുക്കളാണ് അതുകൊണ്ട് സ്വാതന്ത്ര്യം പാരതന്ത്രിമാരും ओहम ഈ രാശയെ ഒന്നും മനുഷ്യൻ സ്വീകരില്ല ധീമതാ ചിന്തനീയം പറയുന്നേന സപ്രതീകാരമാത്മന ओहम ഞാനാരാണ് കസ്യ സംസാര ഈ ജനന മരണങ്ങളൊക്കെ ആർക്കാണ് എന്ന് ആപദ്യപി ആപത്തിലും ധീമത വിവേകി ആത്മന മനസ്സുകൊണ്ട് പ്രയത്നേന പ്രയത്നപൂർവം സപ്രതീകാരം അതിന്റെ പ്രതിവിധികളോട് കൂടി ജനിച്ചപ്പറ ഇതിന് എന്താണ് ഒരു പ്രതിവിധി ആ പ്രതിവിധികളോട് കൂടി ചിന്തനീയും ചിന്തിക്കണം ആ പ്രതിവിധിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞ വിഷമം വിചാരം സന്തോഷം സാധുസംഗമെന്നൊക്കെ പറയുന്നു അപ്പൊ ഇവയോട് കൂടി ചിന്തിക്കണം എന്താ വെറുതെ ചിന്തിച്ചിട്ട് കാര്യമില്ല ചിന്ത ഒരു വഴിക്കും ജീവിതം വേറൊരു വഴിക്കും ആയിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രയോജനം രാജാതിരാകുഷനം സഫലം വിചാരം എന്നൊരു വന്നിട്ടുള്ള ഒരു ആത്മവിചാരത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കും ശങ്കരാചാര്യ പറയുന്ന എന്താണ് അടുത്തൊന്നും ചിന്തിക്കണ്ട സന്യാസി ശ്രവണം മനനംതിഹാസം ഇത് തുടർന്നാ മതി മനസ്സിൽ സജാതീയ പ്രത്യയങ്ങളെ നിലനിർത്തണം മറ്റൊരു വിചാരവും വേണ്ട രാമനോട് പറയുന്ന എന്താണ് അതുപോലെ എന്തുകൊണ്ട് രാമൻ രാജാവാണ് അതുകൊണ്ട് േഹം ഇതെന്നെ അറിയണം ഒരു രാജാവിന് ആത്മാവിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറക്രമിക്കാൻ വന്ന അറിയണേ ആരെങ്കിലും അന്നതാണ് പ്രധാന പ്രശ്നം ഒന്നിൽ അങ്ങോട്ട് പോയി ആക്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുക കാര്യം കർത്തവ്യം സങ്കടം ആ കർത്തവ്യങ്ങൾ ു സങ്കടം കർത്തവ്യങ്ങളിൽ വരുന്ന വൈഷമ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ കാര്യസങ്കടേഷു സംശയം അതിൽ വരുന്ന സംശയങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിരവധി വൈഷമ്യങ്ങളും ആ വൈഷമ്യങ്ങൾ വരുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങളും മനസ്സിലുണ്ടാവും മനുഷ്യൻ ഇതെല്ലാം വിചാരം കൊണ്ട് ജാനാധി എന്ന് വെച്ച് അതൊക്കെ പരിഹരിക്കണം അറിയുന്നു എന്ന് പറഞ്ഞാൽ പരിഹാരം അറിയണം വിചാരം കൊണ്ടാണ് അറിയുന്നത് ആര് രാജാവ് വിശേഷിച്ച് അപ്പോ രാജാവിന് ഇത്തരം വിചാരവും ആവശ്യമാണ് എന്നുവെച്ച രാജാവിന് ഭൗതികമായ വിചാരവും ആവശ്യമാണ് സ്വന്തം കർത്തവ്യത്തെ ചുറ്റിപ്പറ്റിയുള്ള വിചാരങ്ങളും ആവശ്യമാണ് ആത്മവിചാരവും ആവശ്യമാണ് അപ്പൊ നേരത്തെ പറഞ്ഞുകൊണ്ട് വിഹരന്തി ഈ ലോകത്ത് നമ്മളിപ്പോ വാസ്തവത്തിൽ അങ്ങനെയാണല്ലോ മനുഷ്യന് വാസ്തവത്തിൽ അങ്ങനെ ജീവിക്കാൻ കഴിയും ശങ്കരാ പറഞ്ഞ് തേച്ചും അപ്രായോഗികമായൊരു കാര്യമാണ് മനുഷ്യനെ സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുള്ളത് എന്താണ് ഭിക്ഷാടനം എടുക്കുക ശ്രവണവും മനനു നയിക്കാത്ത ആത്മവിചാരം മാത്രം ചെയ്യുക മനുഷ്യർക്ക് സാധിക്കും സാധിക്കും നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പമ്പര വെഡികളാണെന്ന് ഞാൻ പറയും എന്തുകൊണ്ട് ഒരു കൊതുകുന്നു കടിച്ചാ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റൂ വിശന്നാ വിശപ്പെന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റൂ വിശക്കാതിരിക്കുമോ മനുഷ്യ അതിനെക്കുറിച്ച് ചിന്തിക്കേ രോഗം വന്ന് നടക്കുമ്പോ കാറിൽ ഒരു മുറിവെന്ന് അങ്ങോട്ട് നോക്കത്തില്ലേ ഒരു പട്ടി കടിച്ച ഓടത്തില്ലേ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക നിങ്ങള് ഭിക്ഷാടണമെന്ന് പറഞ്ഞിട്ട് വല കാര്യമാണ് അതിവൃഷ്ടി ഉണ്ടാവാ അനാവൃഷ്ടി ഉണ്ടാവാ മനുഷ്യനെ കുറിച്ചൊക്കെ ചിന്തിക്കും അപ്പോ പ്രാപഞ്ചികമായ കാര്യങ്ങൾ മനുഷ്യൻ ചിന്തിച്ച് ജീവിക്കാൻ പറ്റും മനുഷ്യൻ ഇങ്ങനെ ലോകത്ത് ജീവിക്കുന്നു അങ്ങനെ ചിന്തിച്ചേ പറ്റൂ പിന്നെ ശങ്കരാങ്ങനെ പറഞ്ഞു അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു നിർബന്ധം എനിക്കത്ര അത് മനസ്സിലാവും ഒരു വാശി അങ്ങനെ അങ്ങനെ ജീവിക്കുന്നത് ആർക്കും എന്തിന് ഭഗവാൻ പറയുന്നു യോഗക്ഷേമം മഹാമ ഞാൻ യോഗക്ഷേമങ്ങളെല്ലാം നിർവഹിച്ചു യോഗക്ഷേമത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഏതെങ്കിലും ഒരു ഭക്തനെ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഏതെങ്കിലും ഒരു സന്യാസി കാണിച്ചു തരാമോ ഏതെങ്കിലും ഒരു ജ്ഞാനിയെ കാണിച്ചു തരാമോ നിങ്ങളുടെ കാര്യം പോട്ടെ നിങ്ങൾക്കറിയാം നമ്മളങ്ങനെയല്ല വേറെ ആരെങ്കിലും കാണിച്ചു തന്നാമോ ഒരാളെ കാണിച്ചു തരാം എല്ലാ മനുഷ്യനും അവനവന്റെ യോഗക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു താൻ എവിടെ കിടക്കണം താൻ എന്ത് ഭക്ഷണം കഴിക്കണം താൻ എന്ത് മരുന്ന് കഴിക്കുക എന്ന് അവനവൻ തന്നെ ചിന്തിക്കുന്ന ചെയ്യുന്നു പല പാടുകൾ പാട്ടും പാട്ടുകൾ പാടുന്നതിനൊരു പാട്ടെന്നെ ഉള്ളു എന്താണോ യോഗക്ഷേമം മഹാമ്യം പ്രായോഗികമായ മനുഷ്യ ഒരിക്കലും അങ്ങനെയല്ല അല്ലെങ്കിൽ ഒരാൾ പറയട്ടെ ഞാൻ അങ്ങനെയാണ് അവിടെ പറഞ്ഞാൽ തന്നെ അതിന് അർത്ഥമൊന്നുമില്ല എല്ലാ മനുഷ്യനും അവനവൻ എന്ത് കഴിക്കണമെന്ന് എങ്ങനെ ഉറങ്ങണമെന്ന് എന്ത് ചെയ്യണമെന്നൊക്കെ അവനവൻ സ്വയം ചിന്തിച്ച് അതനുസരിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എല്ലാം അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് കുറഞ്ഞ വർഷം എന്നെങ്കിലും പറയും അല്ലാതെ ആരോ ജീവിക്കുന്നു ആരെങ്കിലും ജീവിതം സാധ്യമാകും അല്ലെങ്കിൽ പിന്നെ പൂർണ്ണമായും സമനില തെറ്റിയ മനുഷ്യർ റോഡിലൊക്കെ അരഞ്ഞുകിടക്കുന്ന മനുഷ്യനുണ്ടാവും അവരൊക്കെ ചെറുപ്പം അങ്ങനെയായിരുന്നു അവരും കുറേ പ്രയാസമുണ്ട് അവര് പോലും ആപത്തുകളെ ഒഴിവാക്കി സഞ്ചരിക്കുന്നതും കാണും അതിനുള്ള ബോധവും നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അവര് മരിച്ചു ജീവിക്കാൻ പറ്റും മനുഷ്യൻ സ്വാഭാവികമായിട്ടും മരിച്ചുപോയി മനുഷ്യനെല്ലാം അവനവന്റെ പ്ലാനും പദ്ധതിയൊക്കെ അനുസരിച്ച് തന്നെയാണ് മനുഷ്യൻ ജീവിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ ശ്രവണവും വന്നവും നേത്യാസനം ചെയ്താൽ പോരാ ഇവിടെ പറയുന്നവരെന്താണ് കാര്യസങ്കട സന്ദേഹം കർത്തവ്യം അതിൽ വരുന്ന വൈഷമ്യങ്ങൾ അതിൽ വരുന്ന സന്ദേഹം ഇതെല്ലാം എന്ത് ചെയ്യുന്നു വിചാരണ വ വിചാരത്തിലൂടെ തന്നെ പരിഹരിക്കണം അതുകൊണ്ട് ജ്ഞാനാദിന്ന് പറഞ്ഞു അതിന് വേറെ ഒരു വഴിയില്ല ഒന്നുകിൽ നമ്മൾ വിചാരം ചെയ്യണം അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിചാരം ചെയ്തിട്ട് നമ്മൾ പറഞ്ഞേ ആ ഇങ്ങനെ ചെയ്യും എന്നാലും അത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ വിചാരം ചെയ്യേണ്ടി ചിന്തിക്കേണ്ടി വരും പറയുന്നു നിഷം സഫലം വാപി അതെന്തൊക്കെ ഇതൊക്കെ സഫലമായിക്കൊള്ളട്ടെ നിഷ്ഫലമായി കൊള്ളട്ടെ നമ്മൾ ചിന്തിച്ചു എന്ന് പറഞ്ഞ് സഫലമാണോ ചിന്തിച്ച് ചെയ്ത അവസാനം നിഷ്ഫലമായി എത്രയോ കാര്യം അങ്ങനെയുണ്ട് എന്തെല്ലാം പ്രോജക്റ്റുകൾ നമ്മൾ തുടങ്ങി വയ്ക്കുന്നു എന്തെല്ലാം നമ്മൾ വഴിയിലിട്ടിട്ട് മുമ്പോട്ട് പോകും എന്തെല്ലാം അപൂർണമായി ഉപേക്ഷിക്കും വ്യക്തികളും പ്രസ്ഥാനങ്ങളും എല്ലാം അങ്ങനെയുണ്ട് എല്ലാം കൊണ്ടുവന്ന് പൂർണ്ണ വിജയത്തിൽ ആരും എത്തിക്കുന്നില്ല ഒരുപാട് ഉപേക്ഷിച്ചത് അതാണ് സഫലവും നിഷ്ഫലവുമാണ് എന്തൊക്കെ വിചാരം ചെയ്താലും ശരി മനുഷ്യൻ എല്ലാം പൂർത്തിയാക്കാൻ കഴിയത്തില്ല പൂർത്തിയായാൽ അതിനെ സഫലമെന്ന് പറയും അല്ലെങ്കിൽ നിഷ്ഫലം പറയും ഇതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കാര്യം അതിനുവേണ്ടി ചിന്തിക്കണം ചിന്ത കൂടിയേ ചെയ്യണം അപ്പോ എന്താണ് ആത്മാവിനു വേണ്ടി ചിന്തിക്കുക മോക്ഷത്തിനു വേണ്ടി ചിന്തിക്കുക ആത്മീയമായ ചിന്ത അത് മാത്രമല്ല ഇത്തരം ചിന്തകളും ആവശ്യമാണ് രണ്ടും വേണമെന്ന് അവിടെ പറയുന്നു ഒരാൾക്ക് തന്നെ രണ്ടും വേണം ആത്മീയമായ ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും നമ്മളും അതാണ് ഞാൻ നേരത്തെ പറയാൻ പോകുന്നു നമ്മള് കുറച്ച് സമയോടെ ഇരുന്ന് ചിന്തിക്കുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചിന്തിക്കുന്നത് നമ്മള് നമ്മുടെ പ്രവൃത്തി രംഗത്തെന്താണോ വേണ്ട അത് ചിന്തിക്കും അത് ചിന്തിച്ചേ പറ്റും അവിടെ ഇത് ചിന്തിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല അത് ശെരിയാവില്ല അപ്പൊ ഇതാണല്ലോ വാസ്തവം മനുഷ്യന്റെ ജീവിതം ഇങ്ങനെയാണല്ലോ അപ്പൊ വാസ്ഷ്ടം പറയുന്നതന്നെ ശരി ഇതാണ് മനുഷ്യന്റെ ജീവിതം അപ്പൊ അപ്രായോഗികമായൊരു കാര്യം പറയുന്നില്ല പക്ഷെ അദ്വൈതികള് പറയുന്നത് അങ്ങനെയല്ല എന്താണോ ആസുതേരാമൃതയകാലം നയ വേദാന്ത ചിന്തയാ ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരെ സമയം കണ്ട അങ്ങനെ പറഞ്ഞു ഇന്ന് ഇങ്ങനെ പറയുന്നു ഏത് വിഷയത്തെ കുറിച്ച് അത് ശരി അത് പ്രത്യേകം മനസ്സിലാക്കണം ഞാൻ പണ്ടെ പറഞ്ഞ് ഇന്ന് ഇങ്ങനെ പറയും കാരണം എന്തുകൊണ്ടത് ഞാൻ പലരുടെ അഭിപ്രായങ്ങൾ പഠിച്ചിട്ട് അത് പറയണം അപ്പൊ എനിക്ക് എപ്പോഴും ഒരേ കാര്യം പറയാൻ പറ്റില്ല കാരണം പലരും പല അഭിപ്രായങ്ങൾ പറയും ദർശനങ്ങളായാലും ശരി സയൻസായാലും ശരി എല്ലാവർക്കും ഒരേ അഭിപ്രായം ഉണ്ട് ഒരു വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ട് അപ്പൊ പല അഭിപ്രായങ്ങളും മാറ്റി പറയേണ്ടി വരും അതെന്റെ കുറ്റമല്ല നിങ്ങൾക്ക് എപ്പോഴും ഒരേ അഭിപ്രായമാണ് ഒന്നുകൊണ്ട് നിങ്ങളൊന്നും പഠിക്കുന്നില്ല ചിന്തിക്കുന്നില്ല അതൊരേ കാര്യം തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നും ഒരേ മതപ്രഭാഷണം തന്നെ നടത്തും നിങ്ങൾക്ക് നഷ്ടമുണ്ട് ലാഭമുണ്ട് നിങ്ങളുടെ അറിവിനൊരിക്കലും അപ്ഡേഷൻ ഇല്ല അതാണ് എന്റെ വ്യത്യാസം എന്തിനാ പറഞ്ഞല്ലേ ഇന്നും പറയും അതിൽ നിങ്ങളെ നിങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഞാൻ പറയുന്നു ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെന്നു പറഞ്ഞതേ വേണം അപ്പൊ അതുപോലെ തന്നെ ഞാനും പറയണെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യം ഞാൻ പലരെ അഭിപ്രായങ്ങളാണ് മനസ്സിലാക്കുന്നത് അത് പരസ്പരം ഖണ്ഡിക്കുന്നതും വിരുദ്ധവും ഒരിക്കലും യോജിക്കാത്തത് ഞാൻ പറയുമ്പോൾ വിരുദ്ധമായിട്ട് സംസാരിക്കും എന്റെ കുറ്റമാണ് ഞാനിങ്ങനെയെന്ന് ഉത്തരവാദിയാകുന്നു സ്വാമി പണ്ട് പറഞ്ഞു ഇപ്പൊ മാറ്റി പറയുന്നു അങ്ങനെയാണ് ശങ്കരായ പറഞ്ഞാണോ വാസിഷ്ടകാരൻ പറയുന്നു രണ്ടു ഒന്നാണെന്ന് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഇത് എന്റെ കുറ്റമാണ് പറയാൻ പറ്റും പിന്നെ ഇതേ നമുക്ക് ആവശ്യം കൊണ്ട് എടുക്ക ഞാൻ പറയുന്നുണ്ടോ ഇതൊരു നല്ല ആവശ്യമാണ് അതെടുക്കുക നമുക്ക് ആവശ്യമില്ലാത്ത തെളി കളയും അതേ കിട്ടും അതാണ് എന്റെ പ്രായോഗികത അതുകൊണ്ടെന്താണ് നിഷ്പലം സഫലം ഭാവി വിചാരേടേവ വിചാരമേ ഉള്ള ഒരു വഴി നാണ്യത മറ്റൊരു വഴിയില്ല അതുകൊണ്ട് ഭൗതികമായാലും ആത്മീയമായാലും നമ്മുടെ ചിന്ത അതിനാണ് വേദവേദാന്തം നിർണീയൻ സിദ്ധാന്തസ്ഥിതയ സ്ഥിതി കാരണം ശങ്കരാ പറയുന്നതിന്റെ ഒരു അനുകരണമാണ് അഭിനയനിശ്രേ കാരണം ഗീതാഭാഷത്തിന്റെ ആദ്യത്തെ പാട് യത്തിനും നിശ്രേസത്തിനും കാരണമായിരിക്കുന്നു അഭ്യുദയത്തിനു കാരണമായിരിക്കുന്നു വേദാന്തം നിശ്രേയസത്തിനു കാരണമായിരുന്നു ഇവിടെ പറയുന്നു അവിടെ പറഞ്ഞു ജഗതക സ്ഥിതി കാരണം എന്ന് പറഞ്ഞു അത് എന്നൊരു ഛായ വേദത്തിലൂടെ സ്വർഗാരി അഭ്യുനങ്ങൾ വേദാന്തത്തിനൂടെ മുക്തി എന്ന് പറയുന്ന നിശ്രേയസ് ഇത് സാധിക്കുന്നു ഈ രണ്ടു വഴിക്കുമായിട്ട് ഈ ജഗത്ത് ലോകം സംസാരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അവിടെ തുടക്കത്തിൽ പറഞ്ഞു ആ കാര്യം പറയാം അതാണ് വേദവേദാന്ത സിദ്ധാന്തസ്ഥിത വേദവേദാന്തങ്ങളുടെ സിദ്ധാന്തങ്ങളുടെ സ്ഥിതി ആ സിദ്ധാന്തങ്ങളുടെ രീതിയെന്നോ ആ സിദ്ധാന്തങ്ങളുടെ നിലനിൽപ്പെന്നൊക്കെ പറയാം അതും സ്ഥിതി കാരണം ജഗത്തിന്റെ സ്ഥിതിക്ക് കാരണമാണ് എന്നാണ് പഴയുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നത് അഭ്യുദയം എന്ന് പറയുന്ന മുഴുവൻ വേദത്തിലൂടെ സാധിക്കണം നിശ്രേയസം എന്ന് പറയുന്നത് ഉപനിഷദ് ഭാഗത്തിലൂടെ സാധിക്കണം ഇതായിരുന്നു പണ്ട് ശങ്കരാചാര്യൻ മറ്റും വിശ്വസിച്ചിരുന്നത് ഇന്നങ്ങനെയൊന്നുമല്ല മനുഷ്യന്റെ അഭ്യതയെല്ലാ വേദത്തിലൂടെയെന്ന് പറഞ്ഞാൽ സുബോധമുള്ള ആരും ഇന്ന് അംഗീകരിക്കും അഭ്യതമെന്ന് ചോദിച്ചാൽ ഭൗതികമായ ഉയർച്ച ഈ ലോകത്ത് നേടുന്നത് പണ്ട് പരലോകത്ത് നേടുന്നത് സ്വർഗവും അഭ്യുദയുമായിരുന്നു ഇത് അതൊന്നും മനുഷ്യനെ അംഗീകരിക്കുന്നതായിരിക്കും ഈ ലോകത്ത് പലതും നേടുന്നത് ഇന്നത്തെ അറിവ് കൊണ്ടാണ് എല്ലാ വേദം കൊണ്ട് പഴയ അതാ പറയുന്നു പഴയതിനെ പഴയതായിട്ട് മനസ്സിലാക്കും നിർണീയന്റെ വിചാരേണ ഇതെല്ലാം വിചാരം കൊണ്ടാണ് നിർണയിക്കുന്നത് വേദവിചാരത്തിലൂടെ നിർണയിക്കുന്നത് പഴയ കാലത്ത് അങ്ങനെയാ ഭൂ നിശി െ ദീപേൻ അതായത് എന്ന് പറയുമ്പോ നിസിൽ ഭൂവിന്റെ ഭൂമിയുടെ നിർണയം എങ്ങനെ ദീപം കൊണ്ടാണ് കൊണ്ടുണ്ടോ കുഴിയുണ്ടോ ഇതൊക്കെ നിർണയിക്കുന്ന രാത്രിയിലും നിസി ഭുവഹ രാത്രിയിൽ ഭുവ ഭൂമിയുടെ നിർണയം ദീപം കൊണ്ടാണ് ഭൂമിയിലെ കുണ്ടും കുഴിയൊക്കെ നിർണ്ണയിക്കുന്ന ദീപം കൊണ്ട് അതുപോലെ വേദവിചാരത്തിലൂടെയാണ് പഴയകാലത്ത് അഭ്യുദയോ നിശ്രേയസങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത് അതൊക്കെ പോയി ആ കാലമെല്ലാം പോയി എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭ്യുദയം ഉയർച്ച കൊണ്ടാവണമെങ്കിൽ ഇന്നത്തെ അറിവാണ് നിങ്ങൾക്ക് ആവശ്യം അതിനു വേണ്ടിട്ടാണ് ആശുപത്രി യൂണിവേഴ്സിറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നതിനു വേണ്ടിട്ടാണ് അതല്ല ഇന്നത്തെ അറിവ് വെച്ചിട്ടാണ് ഇന്നത്തെ അറിവാണ് അവിടെ പഠിപ്പിക്കുന്നത് പിന്നെ ഒരു ആലങ്കാരികമായി പഴയ അറിവുകളൊക്കെ ചിലപ്പോ അല്പശില്പമൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു അതിനൊന്നും എന്താണോ അഭ്യുദയത്തെ ആശ്രയിക്കുന്ന ഇന്നത്തെ ആൾക്കാർ കിട്ടാൻ പ്രയാസമാണ് അതിന് ഇന്നത്തെ വിഷയങ്ങൾ തന്നെ പഠിപ്പിച്ചാലേ ആൾക്കാർ കിട്ടത്ത ആധുനികമായ വിഷയങ്ങൾ ഇത് പഴയ കാര്യം പറയുകയും നിശി ഭുവഹ എന്ന് അന്വേഷിക്കും രാത്രിയിൽ ഭുവ ഭൂമിയുടെ എന്താണ് നിർണയം ദീപേന എന്നുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞതിന് പിന്നെ വ്യാഖ്യാനത്തിലൊക്കെ പലയിടത്തും കൂടെ പോണത് പ്രത്യേകിച്ച് പറയും അനഷ്ടമന്ദകാരേഷു ബഹു തേജസ് പശ്ചിത്യം വിചാരമെന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ മനോഹരമായ കണ്ണാണ് കാഴ്ച ശക്തിയാണെന്ന് പറയാം വിചാരമാണ് ശരിയായിട്ടുള്ള കണ്ണ് എല്ലാം കാണുന്ന കണ്ണ് അതിന്റെ പ്രത്യേകത എന്താണ് വിഭയതമ പി പശ്യതി മറഞ്ഞിരിക്കുന്നു അതുകൊണ്ടറിയാൻ പറ്റും അല്ലെ വിചാരം കൊണ്ടല്ലേ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു ചിന്തിച്ച് മനസിലാക്കുക അതാണ് വിചാരമാകുന്ന ചാരലോചനത്തിന്റെ മനോഹരമായ കണ്ണിന്റെ അല്ലെങ്കിൽ ആ ശക്തിയുടെ വിശേഷത അന്ധകാരേഷും അനഷ്ടം അത് ഇരുട്ടിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ല അത് പറയാൻ കാര്യം എന്നാണ് നമ്മുടെ ഈ കണ്ണാണെങ്കിൽ ഇരുട്ടത്ത് തന്നെ കാഴ്ചയില്ല വിചാരമാകുന്ന കണ്ണ് ഇരുട്ടത്ത് കാഴ്ചയില്ലാത്തതാകുന്നില്ല ബഹു തേജസ് അതിമിതം ജിഷ്മിതം കണ്ണിനൊരു പ്രത്യേകതയാണ് ടോർച്ച് കണ്ണിനടിച്ചത് സംഭവിക്കുന്നു കണ്ണു മഞ്ചിപ്പോകുന്നു മറഞ്ഞു അങ്ങനെ മറിഞ്ഞു പോകുന്നതിനാണ് ജഷ്മിതം എന്ന് പറയുന്നത് കള്ളത്തരത്തിനും പറയും വഞ്ചനയ്ക്കും പറയും മറഞ്ഞു പറയും ഒളിഞ്ഞിരിക്കുന്നതിനും പറയും ജഷ്മിതം ചിഹ്നിതം അങ്ങനെ കൂടുതൽ പ്രകാശം അടിക്കുമ്പോ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന നല്ല വിചാരമാകുന്ന കണ്ണും ഈ കണ്ണിനങ്ങനെ ഉണ്ട് ഇരട്ടാണെങ്കിൽ ഒന്നും കാണത്തില്ല വെളിച്ചം കൂടിയാലും ഒന്നും കാണത്തില്ല എന്നാണ് ഈ പറയുന്നത് വിചാരം അങ്ങനെയല്ല മറഞ്ഞിരിക്കുന്നതും കൂടി കാണുന്നതാണ് അവിടെ വെളിച്ചവും ഇരട്ടുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല ിലാണ് ഉപായം വിചാരവും ഉള്ളിലാണ് ഇത് വിചാരത്തെ ഇങ്ങനെ സ്തുതിക്കുകയാണ് വീണ്ടും ഈ പറഞ്ഞു പോകുന്ന മുഴുവൻ വിചാരത്തെ കുറിച്ചാണ് ഇവിടെ വച്ച് ഈ വിചാരങ്ങൾ നിർത്താം കാരണം ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് വിചാരം പ്രയോജനമുള്ളതെന്ന് മനസ്സിലായ അടുത്ത് സന്തോഷത്തിലേക്ക് അങ്ങ് കൂടുതലായും ബോറൽ